കടൽ തീരത്തുണ്ടായിരുന്ന ആ ഗ്രാമത്തെക്കുറിച്ച് അവരോട് ചോദിക്കുക ശനിയാഴ്ച ദിവസം അവർ അതിരുകടന്നപ്പോൾ അവരുടെ ശനിയാഴ്ച ദിവസം മത്സ്യങ്ങൾ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവർ ശനിയാഴ്ച പാലിക്കാത്ത ദിവസങ്ങളിൽ അവ വരാതിരിക്കുകയും ചെയ്തിരുന്നു അവർ ധിഖാരമായി പെരുമാറിയതിനാൽ അങ്ങനെ നാം അവരെ പരീക്ഷിച്ചു